അധ്യായം ഇരുപത്തി മൂന്ന് അനന്തരം രാജാവ് ആളയച്ചു അവർ യഹൂദയിലും യെരുശലേമിലുള്ള എല്ലാ മൂപ്പന്മാരെയും അവന്റെ അടുക്കൽ കൂട്ടിവരുത്തി രാജാവും സകല യഹൂദ പുരുഷന്മാരും യെരുശലേമിലെ സകലനിവാസികളും പുരോഹിതന്മാരും പ്രവാചകന്മാരും ആബാലവൃദ്ധം ജനമൊക്കെയും യഹോവയുടെ ആലയത്തിലേക്ക് ചെന്നു യഹോവയുടെ ആലയത്തിൽ വെച്ച് കണ്ടുകിട്ടിയ നിയമപുസ്തകത്തിലെ വാക്യങ്ങളെയെല്ലാം അവർ കേൾക്കെ അവൻ വായിച്ചു രാജാവ് തൂണിനരികെ നിന്നുകൊണ്ട് താൻ യഹോവയെ അനുസരിച്ച് നടക്കുകയും അവന്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ പ്രമാണിക്കുകയും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമത്തിന്റെ വാക്യങ്ങൾ നിവർത്തിക്കുകയും ചെയ്യാമെന്ന് യഹോവയുടെ മുമ്പാകെ ഒരു നിയമം ചെയ്തു ജനമൊക്കെയും ഈ നിയമത്തിൽ യോജിച്ചു രാജാവ് മഹാപുരോഹിതനായ ഹിൽക്കിയാവോടും രണ്ടാം തരത്തിലുള്ള പുരോഹിതന്മാരോടും വാതിൽ കാക്കുന്നവരോടും ബാലിനും അശ്വരയ്ക്കും ആകാശത്തിലെ സർവ്വസൈന്യത്തിനും വേണ്ടി ഉപകരണങ്ങളൊക്കെയും യഹോവയുടെ മന്ദിരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു േമിനെ പുറത്ത് കിദ്രോൺ പ്രദേശത്തു വച്ച് അവയെ ചുറ്റു ചാരം ബത്തലിലേക്ക് കൊണ്ടുപോയി യഹൂദാ പട്ടണങ്ങളിലും യെരുഷലേമിന്റെ ചുറ്റിലുമുള്ള പൂജാഗിരികളിൽ ധൂപം കാട്ടുവാൻ യഹൂദ രാജാക്കന്മാർ നിയമിച്ചിരുന്ന പൂജാഗിരികളെയും ബാലിനും സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങൾക്കും ആകാശത്തിലെ സർവസൈന്യത്തിനും ൂപം കാട്ടിയവരെയും അവൻ നീക്കിക്കളഞ്ഞു അശേരാ പ്രതിഷ്ഠയെയും അവൻ യഹോവയുടെ ആലയത്തിൽ നിന്ന് യരുഷലേമിന് പുറത്ത് കിദ്രോൻ തോട്ടിങ്കലേക്ക് കൊണ്ടുചെന്ന് കിദ്രോൻ താഴ്വീതിയിൽ വെച്ച് ചുട്ടു പൊടിയാക്കി പൊടി സാമാന്യജനത്തിന്റെ ശവക്കുഴികളിന്മേൽ ഇട്ടുകളഞ്ഞു സ്ത്രീകൾ അശേരയ്ക്ക് കൂടാരശീലകൾ നെയ്ത ഇടങ്ങളായി യഹോവയുടെ ആലയത്തിങ്കലുള്ള പുരുഷ മൈഥുനക്കാരുടെ വീടുകളെയും അവൻ ഇടിച്ചു കളഞ്ഞു അവൻ യഹൂദ പട്ടണങ്ങളിൽ നിന്ന് സകല പുരോഹിതന്മാരെയും വരുത്തി ഗേബ മുതൽ ബെർഷേബരെ പുരോഹിതന്മാർ ധൂപം കാട്ടിയിരുന്ന പൂജാഗിരികളെ അശുദ്ധമാക്കി പട്ടണവാതിൽ പ്രവേശനത്തിങ്കൽ ഇടത്തുഭാഗത്ത് നഗരാധിപതിയായ യോശുവയുടെ വാതുക്കലുള്ള പടിവാതിലുകളുടെ പൂജാഗിരികളെയും അവൻ ഇടിച്ചു കളഞ്ഞു എന്നാൽ പൂജാഗിരി പുരോഹിതന്മാർ യരുഷലേമിലുള്ള യഹോവയുടെ യാഗപീഠത്തിങ്കൽ കയറിയില്ല അവർ തങ്ങളുടെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ പുളിപ്പില്ലാത്ത അപ്പം തിന്നതേയുള്ളൂ ആരും തന്റെ മകനെയോ മകളെയോ മോലേക്കിന് അഗ്നിപ്രവേശം ചെയ്യിക്കാതിരിക്കേണ്ടതിന് ബൻഹിന്നോ താഴ്വരയിലെ ദഹനസ്ഥലവും അവൻ അശുദ്ധമാക്കി യഹോവയുടെ ആലയത്തിലേക്കുള്ള പ്രവേശനത്തിങ്കൽ വളപ്പിനകത്തുള്ള നാഥാൻമേലക് എന്ന ഷണ്ണന്റെ അറയ്ക്കരികെ യഹൂദ രാജാക്കന്മാർ സൂര്യനെ പ്രതിഷ്ഠിച്ചിരുന്ന അശ്വബിംബങ്ങളെ അവൻ നീക്കി സൂര്യരഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളി യഹൂദ രാജാക്കന്മാർ ആഹാസിന്റെ മാളികയുടെ മേൽപ്പുരയിൽ ബലിപീഠങ്ങളെയും മനസ് യഹോവയുടെ ആലയത്തിന്റെ രണ്ടു പ്രാകാരങ്ങളിലും ഉണ്ടാക്കിയിരുന്ന ബലിപീഠങ്ങളെയും രാജാവ് തകർത്ത് അവിടെ നിന്ന് നീക്കി അവയുടെ പൊടി ഖിദറൻതോട്ടിൽ ഇട്ടുകളഞ്ഞു യരുഷലേമിനെതിരെ നാശപർവ്വതത്തിന്റെ വലത്തുഭാഗത്ത് ഇസ്രയേൽ രാജാവായ ഷലോമോൻ സീതോന്യരുടെ മ്ളേക്ഷബിംബമായ അസ്തോരേത്തിനും മോവാബ്യരുടെ മ്ളേച്ഛിംബമായ കെമോഷിനും അമോന്യരുടെ മ്ളേച്ചബിംബമായ മിൽക്കോമിന്നും പണിതിരുന്ന പൂജാഗിരികളെയും രാജാവ് അശുദ്ധമാക്കി അവൻ വിഗ്രഹ സ്തംഭങ്ങളെ തകർത്തു അശേരാ വെട്ടിക്കളഞ്ഞു അവൻ നിന്നിരുന്ന സ്ഥലങ്ങളെ മനുഷ്യാസ്തികൾ കൊണ്ട് നിറച്ചു അത്രയുമല്ല ഇസ്രയേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നബാത്തിന്റെ മകനായ യോരോബയാ ബഥലിലുണ്ടാക്കിയിരുന്ന യാഗപീഠവും പൂജാഗിരിയും അവൻ ഇടിച്ചുകളഞ്ഞു പൂജാഗിരി അവൻ ചുട്ട് പൊടിയാക്കി അശേരാ പ്രതിഷ്ഠയും ചുട്ടുകളഞ്ഞു എന്നാൽ യോശിയാവ് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ മലയിലുണ്ടായിരുന്ന കല്ലറകൾ കണ്ടിട്ട് ആളയച്ച് കല്ലറകളിൽ നിന്ന് അസ്ഥികളെ എടുപ്പിച്ചു ഈ കാര്യം മുന്നറിയിച്ചിരുന്ന ദൈവപുരുഷൻ പ്രസ്താവിച്ച യഹോവയുടെ വചനപ്രകാരം ആ യാഗപീഠത്തിന്മേലിട്ട് ചുട്ട് അത് അശുദ്ധമാക്കിക്കളഞ്ഞു ഞാൻ കാണുന്ന ആ ജ്ഞാപകസ്തംഭം എന്ത് എന്ന് അവൻ ചോദിച്ചു അതിന് ആ പട്ടണക്കാർ അവനോട് അത് യഹൂദയിൽ നിന്ന് വരികയും നീ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ ബദ്ധലിലെ യാഗപീഠത്തെക്കുറിച്ച് മുന്നറിയിക്കുകയും ചെയ്ത ദൈവപുരുഷന്റെ കല്ലറയാകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവൻ അത് ഇരിക്കട്ടെ അവന്റെ അസ്ഥികളെ ആരും അനക്കരുത് എന്ന് കൽപ്പിച്ചു അങ്ങനെ അവർ അവന്റെ അസ്ഥികളെയും ശമരിയയിൽ നിന്ന് പ്രവാചകന്റെ അസ്ഥികളെയും പിട്ടച്ചുപോയി യഹോവയെ കോപിപ്പിക്കേണ്ടതിന് ഇസ്രായേൽ രാജാക്കന്മാർ ശമരിയാ പട്ടണങ്ങളിൽ ഉണ്ടാക്കിയിരുന്ന സകല ക്ഷേത്രങ്ങളെയും യോശിയാവ് നീക്കിക്കളഞ്ഞു ബേധലിൽ അവൻ ചെയ്തതുപോലെയൊക്കെയും അവയോടും ചെയ്തു അവൻ അവിടെയുള്ള പൂജാഗിരി പുരോഹിതന്മാരെയൊക്കെയും ബലിപീഠങ്ങളിൽ മേൽ വെട്ടിക്കൊല്ലിക്കുകയും അവരുടെ മേൽ മനുഷ്യാസ്തികൾ ചൂടുകയും ചെയ്തിട്ട് യെരുഷലമിലേക്ക് മടങ്ങിപ്പോന്നു അനന്തരം രാജാവ് സകല ജനത്തോടും ഈ നിയമപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം നിങ്ങളുടെ ദൈവമായ ഹോവയ്ക്ക് പെസഹ ആചരിപ്പീൻ എന്ന് കൽപ്പിച്ചു ഇസ്രയേലിന്യായപാലനം ചെയ്തിരുന്ന ന്യായാധിപന്മാരുടെ കാലം മുതൽക്കും ഇസ്രായേൽ രാജാക്കന്മാരുടെയും യഹൂദ രാജാക്കന്മാരുടെയും കാലത്തും ഇതുപോലെ ഒരു പെസഹ ആചരിച്ചിട്ടില്ല യോഷിയ രാജാവിന്റെ പതിനെട്ടാം ആണ്ടിൽ യെരുഷലേമിൽ യഹോവയ്ക്ക് ഈ പെസഹ ആചരിച്ചു ഹിൽകിയ പുരോഹിതൻ യഹോവയുടെ ആലയത്തിൽ കണ്ടെത്തിയ പുസ്തകത്തിൽ എഴുതിയിരുന്ന ന്യായപ്രമാണത്തിന്റെ വാക്യങ്ങളെ നിവർത്തിപ്പാൻ തക്കവണ്ണം വെളിച്ചപ്പാടന്മാരെയും ലക്ഷണം പറയുന്നവരെയും ഗ്രഹബിംബങ്ങളെയും മറ്റു വിഗ്രഹങ്ങളെയും യഹൂദപ്രദേശത്തും എരുശിലേമലും കണ്ട സകല മിളേച്ഛതകളെയും അശേഷം നശിപ്പിച്ചു കളഞ്ഞു അവനെപ്പോലെ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ മോശയുടെ ന്യായപ്രമാണ പ്രകാരമൊക്കെയും യഹോവെങ്കിലേക്ക് തിരിഞ്ഞ ഒരു രാജാവ് മുമ്പുണ്ടായിട്ടില്ല പിമ്പ് ഒരുത്തൻ എഴുന്നേറ്റട്ടുമില്ല എങ്കിലും മനശ യഹോവയെ കോപിപ്പിച്ച സകല കോപഹേതുക്കളും നിമിത്തം യഹൂദയുടെ നേരെ ജ്വലിച്ച തന്റെ മഹാകോപത്തിന്റെ ഉഗ്രതയെ യഹോവ വിട്ടുമാറാതെ ഞാൻ ഇസ്രയേലിനെ നീക്കിക്കളഞ്ഞതുപോലെ യഹൂദയെയും എന്റെ സന്നദ്ധിയിൽ നിന്ന് നീക്കുകയും ഞാൻ തിരഞ്ഞെടുത്ത ഈ എരുഷലേം നഗരത്തെയും എന്റെ നാമം അവിടെ ഇരിക്കും എന്ന് ഞാൻ അരുളി ചെയ്ത ആലയത്തെയും തൃജിച്ചുകളയുകയും ചെയ്യുമെന്ന് യഹോവ കൽപ്പിച്ചു യോസിയാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത എഴുതിയിരിക്കുന്നുവല്ലോ അവന്റെ കാലത്ത് മിസ്രൈം രാജാവായ ഫറവോൻ നഖോ അശൂർ രാജാവിന്റെ നേരെ ഫ്രാത് നദിക്ക് പുറപ്പെട്ടു യോസിയ രാജാവ് അവന്റെ നേരെ ചെന്നു അവനവനെ കണ്ടിട്ട് മെഗിതോവിൽ വെച്ച് കൊന്നുകളഞ്ഞു അവന്റെ ഭൃത്യന്മാർ മരിച്ചുപോയവനെ രഥത്തിൽ കയറ്റി മെഗീതോവിൽ നിന്ന് എരിശിലേമിലേക്ക് കൊണ്ടുവന്ന് അവന്റെ സ്വന്ത കല്ലറയിൽ അടക്കം ചെയ്തു പിന്നെ ദേശത്തെ ജനം യോസിയാവിന്റെ മകനായ യഹോവാഹാസിനെ കൂട്ടിക്കൊണ്ടുവന്ന് അഭിഷേകം കഴിപ്പിച്ച് അവന്റെ അപ്പനു രാജാവാക്കി യഹോവാഹാസ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു അവൻ മൂന്ന് മാസം എരുശിലേമിൽ വാണു അവന്റെ അമ്മയ്ക്ക് ഹമൂദ് അൽ എന്ന് അവൾ ലിബനക്കാരനായ എരമ്യാവിന്റെ മകൾ ആയിരുന്നു അവൻ തന്റെ പിതാക്കന്മാർ ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു അവൻ എരിശിലേമിൽ വാഴാതിരിക്കേണ്ടതിന് ഫറോൻ നെഖോ മാത് ദേശത്തിലെ റിയിൽ വെ ബന്ധിച്ചു ദേശത്തിന് നൂറു താലന്തു വെള്ളിയും ഒരു താലന്തു പൊന്നും പിഴകൽപ്പിച്ചു പറവോൻ നെഖോ മകനായ എല്ല്യാക്കേമിനെ അവന്റെ അപ്പനായ യോഷിയാവിന് പകരം രാജാവാക്കി അവന്റെ പേർ യഹോയാക്കിം എന്ന് മാറ്റി യഹോ അവൻ കൊണ്ടുപോയി അവൻ മിശ്രൈമിൽ ചെന്ന് അവിടെ വെച്ച് മരിച്ചുപോയി വെള്ളിയും പൊന്നും യഹോയാക്കിം ഫറവോന് കൊടുത്തു എന്നാൽ ഫറവോന്റെ കൽപ്പനപ്രകാരം വെള്ളി കൊടുക്കേണ്ടതിന് അവൻ ദേശത്ത് വരിയിട്ടു അവൻ ദേശത്തെ ജനത്തിൽ ഓരോരുത്തന്റെയും പേരിൽ വരിയിട്ടതുപോലെ വെള്ളിയും പൊന്നും അവരവരോട് പിരിച്ചെടുത്ത് ഫറവോ നഖോവിന് കൊടുത്തു യഹോയാക്കിം വാഴ്ച തുടങ്ങിയപ്പോൾ അവന് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു അവൻ പതിനൊന്ന് സംവത്സരം എരുഷലേമിൽ വാണു അവന്റെ അമ്മയ്ക്ക് സിബീദ എന്നുപേർ അവൾ രൂമക്കാരനായ പെതായാവിന്റെ മകൾ ആയിരുന്നു അവൻ തന്റെ പിതാക്കന്മാർ ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു